വലിയ പാപങ്ങളെയും നീചവൃത്തികളെയും ഒഴിവാക്കുന്നവർ ചെറിയ തെറ്റുകളൊഴികെ തീർച്ചയായും നിന്റെ രക്ഷിതാവ് വിപുലമായ മാപ്പുള്ളവനാണ് അവൻ നിങ്ങളെ ഭൂമിയിൽ നിന്ന് സൃഷ്ടിച്ചപ്പോഴും നിങ്ങളുടെ മാതാക്കളുടെ ഗർഭപാത്രങ്ങളിൽ ഭ്രൂണങ്ങളായിരുന്നപ്പോഴും നിങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയുന്നവനാണ് അതിനാൽ നിങ്ങൾ നിങ്ങളെത്തന്നെ ശുദ്ധിയുള്ളവരെന്ന് വിശേഷിപ്പിക്കരുത് ഭയഭക്തിയുള്ളവർ ആരാണെന്ന് അവൻ കൂടുതൽ അറിയുന്നവനാണ്